ആ തപദുകളിൽ ഉണ്ടാകും അള്ളാ തലാക്ക അസമൂൻ അള്ളാഹുനെ കൊണ്ടുള്ള സവജ്ജുഹുണ്ടാകും സവജ്ഞാത്ത എന്മ കൊണ്ടോ അമനെ കൊണ്ടോ ഉള്ള പ്രവർത്തനത്തിനോടുള്ള സവജ്ജു എന്ന് കയറി ആ സമജിഹ് എന്തെങ്കിലും ഒന്നുണ്ടാകും അത്ത യാത്രയും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ വലം തക്കൊന്നായി അപ്പൊ അത് നോക്കി ഇനി വലം തക്കുൻ അയൻ അവരുടെ സഫറുകൾ അയക്കുന്നതെല്ലാം വിലത്ത് ഇതൽ ലി ഷെയ്ഫി ഷെയ്ഖിനോട് തമ്മളും ചോദിക്കാതെ കഫറുണ്ടാവില്ല വൽ ആബായ് അതുപോലെ രക്ഷിതാക്കളോടും വൽ ലിഹ്വാൻ സഹോദരന്മാരോടും അവൻപ് ആ ജോറി പറഞ്ഞിട്ടുണ്ടല്ല വലം ഞെക്കുന്ന് താലിക്കലിൽ പുത്തുഹി അതുപോലെ ഈ യാത്ര ഒരു പുത്തുഹിന് വേണ്ടിയല്ല അതുപോലെ മുബത്തദിനും മന്ദൂഹി എന്നാലും മുബത്തിൽ നിന്നല്ല ദാനം ചെയ്യുന്ന ഒരാളെ കെറിയിച്ചു അയക്കൂല എല്ലാം പറയുന്ന ഇന്നമാലുഹും നാടുകളിൽ പോയിട്ടില്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടി അഴിക്കില്ല അവരുടെ സഫർ أولي قروب اللّه وطال إلى الناس اللّه عندما تبدل الله مالسين يريو ويطيكتو ونالي من المطلوبة ونالك وردت آيدي موليتي أجيكولا بل في ندري عيكم في للرواحما لبورتك المعترائكم دعقنا لأن مخاطدهم دائرة من الجدّي والتحقيقي والمناقصة والتدقيق അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മക്സോദുകളും ജിദ് കഠിനമായ പരിശ്രമം അവ തമാശങ്ങളില്ല വെഹക്കേക്കെന്ന് പറഞ്ഞാൽ അഹേക്കത്തിലേക്ക് എത്തിച്ചേരൽ അവരെ കാര്യബോധത്തോടു കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും പുറമൊളിക്കുന്നു അടിയാക്കൂല പുറമോ ചെയ്തിട്ടുണ്ടാവൂല്ല മാത്രം ഉള്ളുകൊള്ള ആ ഉള്ളുകൊള്ളക്കെതിരാണല്ലോ തെറക്കേക്ക് അതെല്ലാം മുനാക്കെന്ന് പറഞ്ഞാൽ ശേഖന്മാർ വെക്കുന്ന ആഴത്തിൽ ചോദിച്ചുകാര്യം മനസ്സിലാക്കലും തദ്ദേശിക്കുന്നതാണ് സൂക്ഷ്മ സൂക്ഷ്മ കണ്ടെത്തല് ഇതെല്ലാം ഒള്ളാതെടുത്തു അപ്പല്ലാ എങ്കുലോന അക്താമഹും അവരുടെ കഥമിന് നീക്കൂലോല ാ അള്ളാഹുബിന്റെ റിവായിനെ ആഗ്രഹിക്കപ്പെടുന്ന സ്ഥലത്തെല്ലാണ് നീങ്കൂല കലാ തൊഴുതലും ആരിയത്ത അവരുടെ ഉന്നതമായ ഹിമ്മത്തിനെ അവർക്കൂല ഇല്ല അമ്മ അന്നിലേക്കല്ലാതെ വേറെ സാധനം എത്തിക്കൂല അവരുടെ ഹിമ്മത്തിനുപിടക്കൂലീ അതെന്താ അല്ല തന്തീലും വായിക്കാം വല തണ് വായിക്കന്നാണ് ആൾക്കേല അമീറിന്റെ അല്ല കാരണം എർജുന ലമീര അപ്പുറം കൊടുത്തില്ലല്ലോ അപ്പോൾ വലാ യുൻസീറൂന എന്നല്ല കേട്ടെന്ന് ശരി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലാ തൻസീറൂ ഹിമമു ഹിമമുഹുൽ ആലിയതു ഇല്ലാ അല്ലാഹ് അല്ലാഹുവിനെമേലുള്ള അല്ലാതെ അവരുടെ ഹിമത്തിനെവരക്കി വെക്കൂലമാർ അവിടെ ക്രിയാരോ മുറുത്തു പിടൂരാ അങ്ങി നടണം വൈബൂന അൻമാതിവാഹു അല്ലാഹു തബഹാനു വതആലാൻടെ എല്ലാത്തും എല്ലാത്തിനത്തും അവർ വായുങ്ങളാകുന്നു അവരുടെ ഇൻമത്ത് കൊണ്ട് അവർ അതിലേക്കല്ലാതെ അവരുടെ കല്ലുകൊണ്ട് തപറ ചെയ്യൂല ഇല്ല ഇല ഹിൽ കുദീബായ അമ്മാന ഹഗ്രത്തിലേക്കെത്തിക്കലല്ലാതെ അതേപോലത്തെ അവരുടെ മേലെ ഭരണാധിപന്മാരാണ് നഫ്തീ അഹമ്മത്തിനുഹും അവരുടെ ചഹവാത്തുകൾ ഹാക്കിമത്തുനലഹിം അവരുടെ മേൽ വിധി റ്റിന് വേണ്ടി ഒരു ചലനം ഉണ്ടായെങ്കിൽ തന്നെയും അഹമ്മദ് ആ തോറ്റിനെന്താക്കും നഫ്സും ഷഹബാത്തും കൂടി ആളുടെ തകടം മറിച്ചിട്ടുണ്ടായിരിക്കും നഫ്സും ഷഹബാത്തും വന്നിട്ട് വിമാകത്ത് നായ് വിമാകത്താണെങ്കിലും അല്ല കൂടെ തകടം മറിച്ചിട്ടുണ്ടാക്കും അവിടെ മറിച്ചിട്ടുണ്ടാകും അലഹിം അവരുടെ നീ മുഴുവനും അവർ അതിൽ ഫസാദാക്കിട്ടുണ്ടാകും അവരുടെ ഹവയിലേക്ക് അവരെ തള്ളിട്ടുണ്ടായിരിക്കും കാണിച്ചെങ്കിലും ഹതിയാട്ട ഒന്നിൽ ഹതിയറ്റായിരിക്കും ചെറിയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ ഒന്നും കൊള്ളാ ഈ ഭാഗത്ത് എന്ന് പറയാം മനസീകത്തിന്റെ മാരത്തിന്റെ തൂറത്തിലുള്ള അവന തീയെത്തും അതുകൊണ്ടല്ലോ ഉണ്ടാക്കാണ്ടല്ലിരിക്കുന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് നൂറക്കാത്ത നിക്കൽ എന്താന്ന് ഓ നൂറക്കാത്ത നിൽക്കാറ് എത്ര റക്കാത്ത ആടെടുക്കാനുണ്ടോ ഇനി അതാണ് നാഹിലുള്ള വിമാരത്ത് ഉള്ളിലൊക്കെ തീർന്നു അവര് ഓറിയ അന്ന റജുരഞ്ജിന് നമുക്ക് പൂർണ്ണ വാക്കിന് ഒന്നീന മൂന്നാം തീയതി നാനൂറ്റിയൊമ്പതാമത്തെ പേജിൽ അന്ന റജുരഞ്ജ ആ ഒരാള് വന്ന് യുവരനിൽഹാ തീ റിയുള്ള യാത്ര പറയാൻ വേണ്ടി വന്നതാണ് മസീഹീൻ ആ ഹജ്ജിന്റെ പോകുന്ന വേറെ ഒന്നില്ല ഞാൻ പറ്റിയല്ല മസീത് എന്ന് പറയുമ്പോ അദ്ദേഹം ഉദ്ദേശിച്ചപ്പോ ഹജ്ജിന് പോകുന്ന പോക്കിൽ യാത്ര പറയാൻ വേണ്ടിട്ട് അവിടത്തെ വന്നു മിശ്വൽ ആപ്പിനെ കാണാൻ വന്നു വക്കാല എന്നിട്ടേ അയ്യ ആണെന്നും പറഞ്ഞെന്താന്ന് അറിയോ ചേച്ച കളി ആരേൽ ഹജ്ജി ഹജ്ജിന് പോകാൻ വേണ്ടി ഞാനേ തീരുമാനിച്ചിരിക്കുന്നു ആ തറു മുറു ബിഷൻ അതുകൊണ്ട് ജയഫുനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും നിർദ്ദേശം നൽകാനുണ്ടോ അപ്പൊ ഊപ്ര കാര്യങ്ങളും മനസ്സിലാക്കി വൈദിച്ച് സകാല ലഹു മിഷുറു മിഷുർ റബിയന്താന്ന് ചോദിച്ച് കം ആരാത്തീ ഇതിന് ചെലവിനമായിട്ട് എന്ത് തയ്യാറാക്കിയിട്ടുണ്ട് സക്കാല പറഞ്ഞത് അൽഫൈ ദുഹമിൻ രണ്ടായിരം ദുർഹമാണ് സക്കാല ലഹു അപ്പം മിഷിർ ചോദിച്ച് മിസുൽ ഹാഫി റബിൻ ചോദിച്ചു നിങ്ങടെ ഹോണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് വിഗ്രഹത്തിൻ ഒരു കൊച്ചി യാത്രയാണോ അവിഷ്ഠയാക്കാൻ നിരലിന്റെ ചില ക്യാബൻ കാണാനുള്ള ആ ഒരു ചൗക്കാണോ ആ വാളും അള്ളാഹുവിന്റെ കുറ്റകാംസിക്കലാണോ എന്താ ചോദ്യം വിഗ്രഹത്തിൽ ഉല്ലാസയാത്ര ഒരു കൊച്ചി എടുക്കാൻ ബുക്ക് പഴയ സർത്തേക്ക് മുമ്പ് ഒരു കുമ്പോൾ എനിക്കറിയാം എല്ലാ ക്ഷേമം കാണാനുള്ള ഷോക്കും ഒന്നാന്റെ പുരസം തന്നെയാന്നു പറഞ്ഞു ആരാ അയാളെ പറഞ്ഞു പിന്ന അന്നാന്റെ പുരുഷം കിട്ടലാമിന്ന് പറഞ്ഞു ആരാപ്പൊ ജോലി ചെയ്യും പൈൻ അസമുത്തരിലാ അന്നായിട്ടാലം എനിക്ക് കിട്ടുമെങ്കിൽ വാൻ തമ്മി മത്സരിക്കുന്ന പൊരി തന്നെ ഇരുന്നിട്ട് അന്നാന്റെ പൊരുത്തം തരുവാടുക്കുവെന്ന് എന്താ ഈ രണ്ടായിരം ദൃഹമുണ്ടല്ല അത് ഇതിനാക്കാണ് കൈറായ മാർഗത്തെ ചെലവാക്ക പൊരക്കൻ ഇരുന്നോ യാത്രാക്ലേക്കും മുമ്പ് അന്ന പൊരുത്തീന്റെ പൊരുത്തേക്ക് എത്തിച്ചേരാൻ തൂനും അല്ല യക്കീനും മിമറാത്തില്ല അന്നാന്റെ പൊരുത്തം കിട്ടും യക്കീനു പൊരക്കാടി പൊരുത്ത അത്തേക്ക് എത്തിച്ചു തരാ എന്ന് പറഞ്ഞാലേ അവ അത് അങ്ങനെ ചെയ്യോന്ന് ചോദിച്ചു കാലന അതേ ചെയ്യ് പൊയ്ക്കൊന്ന പരിച്ചേക്ക് അക്ഷരത്തിൻ പത്ത് ആളുകൾക്ക് ഈ രണ്ടേരാണ് കോളേജ് വെച്ച് കൊടുക്കുന്നവർ അതിന പത്ത് മദീനൻ കടം കൊണ്ട് വിഷമിച്ച ഒരാള് എഫ് ഈ അയാളെ കടം വീട്ടാനീ പീറാണി വേറൊരു അല്ലെ അയാളെ ജീവനത്തിന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യം വളരെ കഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അവർക്ക് ണം തന്നെ പറ്റി ചേരം കഴിയാത്ത ഇല്ലങ്കൂടെ ഒന്ന് ശേഖരിച്ച മതി ഇപ്പൊ ചോറ് കൂട്ടാനില്ല കൂട്ടാനുണ്ടെങ്കിൽ ചോറിയില്ല എന്ന് പറഞ്ഞ പോലെ ചെയ്യില്ലേ എല്ലാം കൂടെ സെറ്റാക്കാൻ മതി ഒരു പക്കി ഒന്ന് കൊടുക്ക രണ്ട് അപ്പൊ അഞ്ഞേറ്റ് ബോർവ്വന്യാലോ ഒരു വലിയൊരു കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ ചെയ്യാനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ബീ അവളെ താരം കുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരാൾ കൊടുക്കും പോയി അയാൾക്ക് സന്തോഷാക്കാൻ കൊടുക്ക ഇങ്ങനെ ഒരു പത്താകം ഉണ്ടാക്കാൻ ഇവിടെ ആ രണ്ടായിരം ഓഹരി വെച്ച് കൊടുത്ത് പൊരക്കിരുന്നു മതി അന്നാണ്ട് ഗസ്റ്റ് അത് ഗത്തിച്ചു തരാന്ന് പറയും കവിയ അപ്പൊ കൊറേയാൾ കൊടുക്കുന്ന സന്തോഷിപ്പിക്കാനാണ് ഇനി അത് ന്തോഷിക്കുന്ന ഒരാൾക്ക് മുഴുവനും കൊടുത്തേക്കാം എന്നാലോ നനക്ക് ബുദ്ധിമുട്ടല്ല ഫൈൻ കഴിയ കൽബാൽ വാഹിനി ഒറ്റ ഒരാൾക്ക് കൊടുക്കാൻ നീ കൽ കഷ്ട ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുവണ്ടിയോ ഫൈൻ നിർഹാരക്ക തുറ കൽഇൻ മുസ്ലിമിൻ മുസ്ലിം ആയൊരു മനുഷ്യന്റെ കൽവിൽ ഒരു സന്തോഷത്തിന് കടത്തുക എന്നതും വയരാഗത്തെ കഷ്ടപ്പെട്ട ഒരാളെ സഹായിക്കാന്നുള്ളതും വളരെ അത്യാവശ്യക്കാരനാണ് ഒരാളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതും യക്കീൻ കുറഞ്ഞ പോയ മനുഷ്യരെ സഹായിച്ചു കൊടുക്കലെല്ലാം അഹുതും അത് വളരെ അഹ് ഹജ്ജിമാന്റെ ഹജ്ജത്തിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹജ്ജം ഇസ്ലാമിന്റെ ഹജ്ജെന്ന് കഴിഞ്ഞല്ലോ അതിനുശേഷമുള്ള നൂറ് ഹജ്ജിനാക്കാണ് ഉഷാറീം ചെയ്യുന്ന പണികളൊക്കെ അതുകൊണ്ട് കോം ദേ പോയിമർണാക്കൻ അമ്മ പറഞ്ഞ പോലെ ചെയ്തോളീ പൊരുത്തം പറ്റിക്ക് എത്തിച്ചേരാന്നു വൈല്ല അതിന് എനിക്ക് പൊരുത്താഴുന്നില്ലേ എന്ന് കൊല്ലന മാഫിയെ കള്ളിക്കില്ലെടുക്കാം ഒന്നും കിട്ട പറ അവരെ സഫരി അഥവാ സഫർ പോണോന്നെ കളമ്പിലുള്ളത് അള്ളാന്റെ ബുക്കോസത്തിച്ചാ പോരാ സഫർ പോണോന്നിയാ നിന്നു നിന്നിച്ചോണ്ടേ ഇത്ര അജീത ആളാവുള്ളൂ അജീതാരിക്കോട് മുന്നിട്ടിട്ട് പറഞ്ഞു അൽമാനു ഇതാ ജുഅസുഹാ പൈസ चुगुहा चालामी सपादे पैसा वाला अलग अनर्धम कत सदच इन कैरू इमादी दूरत सूरत कटि दूर दूरतु അമ്മ ജനങ്ങളൊക്കെ പേരും കിട്ടി അള്ളാരിടത്തിൽ ഒന്നും ഇല്ലാതെ ദൂർത്തായിട്ട് പോകുകയും ചെയ്തു അതാണ് എനിക്ക് വെച്ച വർക്ക് എടുക്കുന്നത് എത്ര നത്തി നബ്സു നഫ്സു കേടും ഈ മാല് കൊണ്ട് വാർത്താറാൻ ഒരത്ത് കൂട്ടാൻ ഓ ഇമാർഹാ സിഹായ നായുതായിരിക്കണം അതിലുണ്ടാകേണ്ടതും ആ ധൂർത്തിന്റെ ബൽപ്പം തരിയ്ക്കണം സാലിഹായൂറത്തായിരിക്കണം അതോടൊപ്പം ദൂർ കഴിക്കും ആ എന്നാല് മോനെ ആടം അലാലിരി അന്നാഹ താൻ കത്ത് ചെയ്തിട്ടുണ്ട് അല്ല യൊക്കെ പോലെ ഇല്ല അമലൻ മുത്തക്കി മുത്തക്കിങ്ങൾ അമലേ സ്വീകരിക്കണിന്നാഹൽ മുത്തക്കീന്ന് അമ്മ പറ അത് സ്വീകരിക്കണോ അമ്മ കത്ത് ചെയ്തു പോയി ജനീയ ഓരോന്നോ അമലുണ്ടായി വിമാതത്തിന്റെ സുഹൃത്ത് നടത്തുന്ന ഒരുപാട് വണ്ണാത്തരങ്ങൾ എന്ന് വന്നിച്ച് കുറേ മിസാതി നല്ല ബിസിനസ് നടത്തുക നല്ല പരിശോട്ടിക്ക് ഞങ്ങൾക്ക് പള്ളിയിൽ നടത്താം അബുൽഹാദരി ആദരിച്ചിട്ടുണ്ടെങ്കിൽ ും മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു ആദരിച്ചെങ്കിൽ എന്നുണ്ടാവും അള്ളാഹു സു മഹാൻ എന്തോലത്തിനു വേണ്ടി മാത്രമുള്ള രംഗോദിയത്തിന് വങ്ക സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ടാവും വേറെ ഒരു രംഗോദിയുണ്ടാവും ഒന്നിന്റെ അവതാരില്ലോ നത്തിന്റെ ഹന്നുകളെ മുഴുവനും അത് മൂടിപ്പറിയുകയും ചെയ്യും الله تعالى بالنسبه الله ഒന്നും ഉണ്ടാവില്ല വദഅലഹു യതഖല്ലബ് ഫീ ഉബൂദിയത്തിഹി അല്ലാഹു ബിൻദീ ഉബൂദിയത്തിൽ മാ അത്രങ്ങടെ കറണ്ട് കളിക്കുന്നുണ്ടാവും എത്രത്തിൽ വനുഹു അന്ന മത്തൂറത്തുൻ ഹള്ൽ എന്നുള്ളതവനപ്പെട്ട മറുക്കപ്പെട്ടിтия അവര് ഓർമ്മയിൽ തന്നെ ഇല്ല അല്ലാഹു ബിൻ ഹള്ൽ കുതുലന്ന അല്ല മഅ ജരീമാ ഖുദ്ദര ലഹു അവനെrceilപ്പെട്ട ഹീതുതുണ്ട് ഒരു വാദം ഇപ്പം പണമെന്ന് വെച്ചാലും വരണമെന്ന് വെച്ചാലും വലിച്ചെറിഞ്ഞാലും കിട്ടും വന്നു ചേരുന്നുണ്ടാവും പക്ഷെ ഓരോ അതിലേക്ക് നോട്ടം ഇല്ലാന്ന് മാത്രം കാരണം ഈ മനസ്സിന് അവൻ അതിനെ തൊട്ട് ഏതോ വേറെ രൂപങ്ങൾ അകലത്തിലുണ്ടാകുക ഇതാണ് അള്ളാഹു ബഹുമാനിച്ച കൊടുത്തത് ഇനി അള്ളാഹു ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തിയാലോ വൈദാഹാനം നസമരഹുഹി ി തന്നെ കാണാ അത് കൂട്ടണം അത് കൂട്ടണം അത് കൂട്ടവും അവന്റെ അവൻ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോടുള്ള അവനസ്വത്ത് ബഹുദൂരം അകന്നിരിക്കുന്നു വായിൻ കാ നയ ദിഹായ ലൈ സൈ ഉമ്മിനാഖിള്ളഹി പ്രതീക്ഷമായി നോക്കിയാലി വബൂദിതു ആഗൽ കോദിതു ഇലദർക നടക്കുന്നത് നമുക്ക് തോന്നിピッചാൽ ജരീ ഏ വബൂദിത്തിന്റെ ഉള്ളിലന്താന്താ രേമുളോലും വബൂദറായിക്കുംണ്ടാവുലാ ഖാദ സയ്യി റബിയല്ലാഹ് പറയുന്നു ആഗ നിംബാബി ബാ ഉമ്മിനൽ ഗിലായ ഒന്നാമതൊരു ഗിലായത്തിൽ ഒരു ബാബ ളാക്കറുമ് അല്ലാഹ് وحرك ، حيث يواصلون estos الأصببت على ما ي pondح تواهل بأبنك حيث أن يكون قد واج общем كنا يريد هذا على هذا الắt هذا أصاب من عمات العبور ب Challenge وعلى الهاتف الإلهية الكمرة وعلى اهتمام ، ليعلك كلها اصبع اليه عقك باتل�اه അങ്ങനെ രണ്ടില്ല എന്തുകൊണ്ട് കണ് കൊടുക്കുന്നതെന്നെ വെച്ചാൽ അതിൻ്റെതായ ആധാർ ഉപാധിക്കുക അതിന്റെ നിയത്തോട് കൂടി ഹാക്കി മാറിയത് അപ്പൊ തിന്നലേ കുടിക്കല് ഉറങ്ങൽ ഇങ്ങനെ കുറെ കാര്യങ്ങളാണെങ്കിൽ ഹന്നിനുണ്ടാകാൻ എനിക്ക് കാര്യമായിട്ട് തിന്നുക കുടിക്കുക ഉറങ്ങുക വിശ്രമിക്കുക വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ ഒക്കെ ഹന്നുകൾ എല്ലാം ഹക്കായ്ക്കാൻ മാറുന്നു കൊല്ലു ഹാത്തവായിൽ നടത്തിയതാണ് എന്തുകൊണ്ട് ഞാൻ ബില്ലായി ഭീമായിറുക്കും എടുക്കുന്നതിനും ഉപസിക്കുന്നതിനെല്ലാം ബില്ലായ്മായില്ല ബില്ലായി തെയറുകാറാണോ ബില്ലായി തെയറുകാർ വേറെ മുഖലിങ്ങൾക്കാണ് ഇല്ലായ്മ മുഹലക്കാണ് ബില്ലായി തെയ്ത് ഇല്ലായോ ഇല്ലായില്ലായ വില്ലായീ ഇതെന്താ പറഞ്ഞു അപ്പൊ തത്ര നല്ലവർ തനസ് ലഫ്റ്റിന്റെ കൊത്തിയെടുക്കലല്ല പിന്നെന്ത് പറഞ്ഞു ചമ്മളെടുക്കാൻ പോകൂലാണ് അവർ അനി പറയാം മൈക്കിപ്പലം തക്കുന്നേഖന്മാർ ബാപ്പമാർ കുറഞ്ഞവരോട് தம்மதர்க்காத সফরం ఉండౌలాని వర్నిన అల్యాంద వన్న కురా మన్నాయి దేవుడా సైహిందే தம்మద మిల్లా ఫ యాతరకు అదల్ బరకతిల్లా మలా తాయిరైన లాల్ఫీ అదల్ కోడి అల్లాహు లేకుల్ సైర్ లాల్ఫీ అదల్ కోడి అల్లాహు లేకుల్ సైరుం ఇల్లా మాతర మన్న వాల్తిహి అదుందుదాను లఖలు లిల్ అల్లేజి యాఖద అన్హు അല്ലായീ ശേഷ സമ്മതമില്ലാതെ ശേഷന്റെ വക്കുന്നു അഹതി വാങ്ങിയിട്ടുണ്ട് എന്ന നിർദ്ദേശം പോലെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളത് അതിനെതിരാണ് അല്ലായാതെ കൊണ്ടൊന്നും ചെയ്യൂല വക്കതയെക്കോലും മാത്രമല്ല വക്കതിയെക്കോലും വായ്പ യാത്ര പോരാതെ ഇവിടെ തന്നെ താമസ് മതിപ്പിക്കുന്നതിലും ശേഷനം എന്തോ എതിർ ഉണ്ടാവും ചിലപ്പോ ആ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ യാത്ര പോയി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യം നടക്കൂല അതെവിടെ നിർത്തിയിട്ടേ ഇതുപോലെ ഇവിടെ അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകുന്ന പറഞ്ഞാൽ ശരിയാവുന്നില്ല അഡ്മിറ്റ് ആക്കുന്നതിൽ ഡോക്ടർക്കും ഓർമ്മണ്ടല്ലോ രീതി ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോ റൂമെങ്കിലും ആകാം അത് പിന്നെ ശരിയാന്ന് ഇന്നിട്ട് റൂമിൽ ആറില്ല അതുകൊണ്ട് ഇന്നിട്ട് പാടം കിട്ടിട്ടും നോക്കി അതുകൊണ്ട് ണ്ടാവില്ലല്ല ശേഷം ആയിക്കൊണ്ട മക്കാനത്തിൽ മുൻകഴിഞ്ഞ കാലങ്ങളിൽ പൊക്കറാക്കളായിരുന്നു അവർ സമ്മതം ചോദിക്കും അക്കലു പിന്നാലെ തപ്പറൊക്കെ അടുക്കട്ടെ അതിനാകാല ചെറിയ കാര്യങ്ങളിൽ പോലും സമ്മതം ചോദിക്കുന്നവർ വജത ബാദുൽ അല്ല പൂരി പൂരന്താ അവരക്കാബിഹി ലേക്ക് വന്നത് അവർ അവരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതെന്ത് ചെയ്യണോന്ന് അവർ നിർദ്ദേശിക്കണം എന്ത് ചെയ്യണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ബാക്കില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതാണോ അല്ല അത് തുന്നിട്ട് നോമ്പ് വെച്ചോളീന്ന് പറഞ്ഞു അതിന് നിർദ്ദേശം കൊടുത്തു ബാഗുൽ ചോദിച്ച് ഏ തങ്ങളെ ബാഫി വേണ്ടി മുഷാഹർ ജേന വന്നത് പറഞ്ഞേ ലൗഹാലി ലം എന്തെങ്കിലും ഓരോ സ്ഥാനത്ത് തൂല ഷെയ്ഖോ എന്ന് പറഞ്ഞ അതിന് മണി ഷെയ്ഖം വന്നോക്കെ അനാഥ മാനാഥ ഈ അർത്ഥം വരുന്ന വേറൊന്നു പറഞ്ഞു അപ്പൊ ചമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞതൊക്കെ അത്രാന സഫർ ബായിരൻ സഫറ് ദൂരത്തുള്ളതാണെങ്കിലാണ് അതല്ലാണ്ട് അടുത്ത് നൂത്രിക്കാൻ പോണം അതിനു സംബന്ധിച്ച് ചോദിച്ചു ഇപ്പഴും അതിന് സമ്മതി ചോദിച്ച പോണം ഞാൻ ദൃശ്യം സംബന്ധിച്ച പോലെയോ വാ മൽക്കരി മുല്ലരി ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ചെറിയ അടുത്ത് പോണ്ട സഫറുകൾക്ക് യും അതിനൊക്കെ സംബന്ധിച്ചിടാതാക്കളോട് പിതാക്കന്മാരോട് സംബന്ധം ചോദിക്കുന്നു വന്നത് പഹുവാളം അതും വളരെ ശക്തിയായ കാര്യത്തിൽപ്പെട്ടത് തന്നെയാണ് പറയുന്നു മാതാപിതാക്കന്മാരുടെ ഹക്ക് വാജിബോൾ എന്നത് സറാജിബാണല്ലോ പക്ഷെ ഇല്ലാ ഫീ വാജിബിൻ മറ്റൊരു വാജിബിൻ ഒഴികെ ലാ മഹീദ അന്നും അതിനെ തൊട്ട് ഒഴിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വേറൊരു വാജിബലുണ്ട് എന്നാൽ സെറയി വാജിബിനും മണ്ണോടുക്കണം മല തറാഫിയ പി അതിലോ പിന്തിക്കാനൊക്കെ പറ്റൂല്ല സെറയ്യാ വാജിപുര വന്നിട്ടുണ്ട് അത് ഒഴിഞ്ഞു മാറാൻ കഴിയൂല അത് പിന്തിക്കാനും പറ്റൂല അതിനു മാതാപിതാക്കന്മാരുടെ വാചിയോ അപ്പുറം ഉണ്ട് എന്നാ അന്തിനാ ഗണനിയ വാജിവിനീപ്പറ വരും അപ്പൊ തലമുതി അല്ല എൽമി തലമി എൽമി ഹാരി അവന്റെ അവനവന്റെ ഹാരിന് അനുയോജ്യമായ ഇൽമുണ്ടല്ലോ ആ ഇൽമിനെ തടഞ്ഞുപോലെ വിവരിക്കുന്നുണ്ട് വാജിബായോ വിസ്കാരം മൂത്തിലാത്ത വിസ്താരം മാത്തിലൂടാ അവന്റെ പുറന്നറിഞ്ഞൂടാ അവൻ അനിവാര്യമായ വാജിബായ്മോ അത് പഠിക്കാൻ വേണമെങ്കിൽ പൊട്ടിന്നു ആടെ പോപ്പം പറഞ്ഞു ഉപ്പിയും പറഞ്ഞു അവര് പഠിക്കണ്ടോ ഒന്ന പഠിക്കണ്ടെന്ന് പറഞ്ഞിരുന്നോ പഠിക്കണം പറഞ്ഞിരുന്നോ പഠിക്കണം അതേപോലെ അത് അവന്റെ മുതാ അവസരത്തിൽ ഹജ്ജിന് മുഴുവാനുള്ള ചെറുക്കലൊത്തുകൂടി സമയമാണ് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ഇതമ്മിനെ പിന്നെ ക്ഷേമിക്കൂല അത് ഏതോ ഒരാളെ ഭഗവത്തിക്ക് തുന്നത്താക്കപ്പെട്ട അജിനാ നോക്കേണ്ടി വരും അല്ലെങ്കിൽ അത് ഇവിടെ ചെറിയ ചെറിവല്ലാന്ന് നോക്കേണ്ടി വരും ഉമ്മ പറഞ്ഞു വരും കൊണ്ട പോരെന്ന് ഒന്നിക്ക് ചെറുപ്പം പറ്റില്ല അയാളുടെ കൂടിയേ മുജി പോവുള്ളൂന്ന് നോക്ക അപ്പൊ ഉമ്മാരെ അച്ഛനും ാക്കപ്പെട്ട അഞ്ചാർ നോക്കണം അതൊന്നും ആ കിഫിലില്ല എന്നിട്ട് തമ്മതില്ലാണ്ട് പോയി വെക്കുവെച്ച് ദേശത്തിന് കളവ് നടന്ന പോലും കളവ് നടന്നപ്പോ ഇയാളെ കള്ളന്ന് സംശയിച്ചത് ഇയാളെ പിടിച്ചു കയ്യിലും കുത്തി ബഹുമാന സമ്മതില്ലെന്ന് കൊണ്ടുപോയിട്ടാന്ന് ഇയാളെ നിരപരാധി കൈ കണ്ടി വന്നത് കഥ അപ്പൊ എന്താക്കണം ഒന്നിക്കിന് കഥ അങ്ങനെ തൊന്നില്ല അച്ചിക്ക് അറിയാൻ നോക്കണം അല്ലെങ്കിൽ ഈ കഴിഞ്ഞാൽ പിന്നത്താക്കപ്പെട്ട അജ്ജായിരിക്കും വാജിബിനാ കണക്കൂർ മറ്റേ മറ്റേ അച്ഛിക്കാൻ പറ്റില്ലേ വിശ്രമീ ഉള്ളതോ അല്ലെങ്കിൽ അങ്ങനെ നോക്കണം അല്ലെങ്കിൽ ചെറുപ്പത്തൊട്ടിലെ കറാക് നോക്കണം കഥ കഴിയാന്ന് ആദ്യം വച്ചാൽ യും വാദിതയും സമ്മതം കിട്ടാതെ യാത്ര പോക്ക് പറ്റൂലാൻ ആദ്യ പറഞ്ഞത് ഒരുക്കം ഇതിനും പറയും ഇതിനും പറയാണല്ലോ ആക്കൻ എന്തിട്ട് പോകണം തന്നെ അവൻ സഫർ ചെയ്തതിൽ റൊക്കോക്ക് ആക്കെന്നു പറഞ്ഞാൽ കുറ്റ നീരാളെ മാതാപിതാക്കന്മാരുടെ ആക്കൻ അപ്പം അപ്പൊന്നും പറ്റണ്ടായി പോകല്ല അപ്പൊ കുറ്റം തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അപ്പങ്ങനെ കുറ്റക്കാരനായാൽ പല പടക്കത്തെ സപ്പ് കിട്ടാതെ പോയി അത് സമ്മതിക്കാതിരിക്കാൻ കൊൽപ്പ് ഇത് ക്ലമി പറഞ്ഞതാ നിഷാരിജ് പറയുന്നു ഈ സഹക്കത്ത് അന്നമ ലോലവം റിയാറത്ത് ഷേഫി ഷെയ്ഖിന്റെ റിയാറത്തോ തടയൂലെന്ന് ഉറപ്പുണ്ടെങ്കിലായി പറഞ്ഞത് സമ്മതം ചോദിച്ചെങ്കിൽ തടയിൽ ഉറപ്പാ എന്നാ പിന്നെ ചോദിക്കണ്ടോന്നെ وَأَمَّا إِنْ بَعْتَكَ أَنَّهُ جَنَّعُ لَهُمْ مِنْ زِيَارَةِ شَيْخِ التَّرَبِيَّةِ تَرَبِيَتِينَ لَا شَيْخَانَ شَيْخِ التَّرَبِيَتَ لَا شَيْخَانَ هذا تاريخ من رب وزيكين زيارة إلاً لنهي صحبت صحبتنا بطيره هذا يقول لنا تاريخ من ربنا فلا فائرة كفت إذانهم ورثا من جائدين لفائل إلا كنا تاريخ من جل അാനും അപ്പൊ തമ്മള് ജോലിക്കുന്നത് അവർക്കോട് താക്കിത്തായി മനസ്സിലായാ പറഞ്ഞു മഹാത്മാക്കര മുസ്തയേരി അവര് പറഞ്ഞിട്ടുണ്ട് എവിടെയാ പറഞ്ഞത് പി ബാബി കത്തിനു അപ്പൊ ഇലയിൽ ആ ജെയ്ഫുറബീത്തേക്ക് പോയിക്കൊള്ളണം ഓരോ അബുബാവു അവന്റെ തൻ കൽപ്പപ്രകാരം ഓർക്കാടിയെങ്കിലും നടണം പോയലേ വെച്ചു ഉള്ളൂവൻ അവനെ അവൻ മുസ്തഫുൽ നബിയേ പരിമന്ദയ وغരിമ റബിയല്ലാഹു തബരിസറ അറ്റയതു ഹേ തകരിൻ തകരിൻ അള്ള പദക്കര ഷൈഖു തനസീറു റബിയല്ലാഹി തനൽ ജസരിൽ പറഞ്ഞുരിക്കുന്നു അന്നൻ നഫ്സ ഇദാ ഹലബ ി അപ്പൊ അതുംബിന്റെ താനത്താണ് അപ്പൊ അതുമ്പിനോട് എന്ന് പറയുന്നത് പോലെ നഫ്സിനോടും വരും എപ്പോൾ ഇരാ അതുപോടും അതിലേക്കവൻ രംഗപ്രവേശനം ചെയ്യലും എൽമാകുന്ന ശക്തി കൊണ്ടും അമല എന്ന ശക്തി കൊണ്ടും രണ്ട് ശക്തിയാണ് ഒരിക്കൽ കൊടുത്തത് ഒന്ന് വൈജ്ഞാനിക പവർ അതാണല്ലോ സയന്റിഫിക് ശക്തി മറ്റൊന്ന ആർട്സ് ആർട്സ് ആൻഡ് സയൻസ് അല്ലേ ആർട്ട് എന്ന് പറഞ്ഞാൽ കല അതാണല്ലോ അമലി സയൻസ് എന്ന് പറഞ്ഞാലോ എൽമു അപ്പൊ ശാസ്ത്രവും അറിയും ആർട്സ് ആൻഡ് സയൻസ് അമൽ ഈ രണ്ട് കൂവത്ത് ഉപയോഗപ്പെടുത്തിട്ടുണ്ടാക്കണം അതിനങ്ങ് തരണം അതിൽ ഏതെങ്കിലും ഒന്നിൽ കൂവത്ത് കുറഞ്ഞിട്ട് അതും എളുപ്പം കണ്ടാറുണ്ടാക്കണം ആ കൂവത്ത് കിട്ടുന്നതിലേക്ക് പോകേണ്ടി വരും ശക്തി സംഭരിക്കൻ കൊഹിഹാര ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അമവേനിയാവട്ടെ റൈതാവട്ടെ അറിണ്ടാവുമല്ലോ അവളെ തമ്മിലെടുത്തിൽ എല്ലാവരും സാധ്യത ആകും ഇന്ത് കലാമുഹത്ത് മസ്ല ഈ മസ്തലത്തിൽ വീണ്ടും സംസാരം പറഞ്ഞിട്ടുണ്ട് അതെടുത്തു പോകുന്നു അതിനെന്താ കുറാന വെള്ള തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഹാനല്ലേ ഈ പറഞ്ഞ കൗലെ തറജിയാക്കും കൗലുകൂത്താല وَإِن جَاهَدَاكَ عَلَى أَن تُشْرِكَ بِي, بي مَا لَيْسَ فِيهِ عِلْمٌ وَلَا بُرْهَانٌ الآية detta ninna modavidaakkan maar ninnode unda the chaadyam pudich ennodu sirku okkanamennu nilk ilmil laathoru bhagam kondu ennal avara ippol unda nallahu taala parayunnilla abu sirku okkana vishayathil chaadyam vannalilla ില്ല അപ്പൊ ഇവിടെ ചെറുക്കല്ല ഇവിടെ വിഴ്ന്നു ചെറുക്കും ഇവിടെ നഫ്സ് മികക്കും നഫ്സ് മികച്ചിട്ട് എന്താക്കും നഫ്സിന്റെ മാറുമ്പോൾ ശരിക്കും വന്നില്ലേ അവൻ ആ ചെറുക്കി രക്ഷപ്പെടാനും നീ പോകാൻ പാടില്ലെന്ന് പറഞ്ഞെന്തായി ചെർക്കിന്റെ മറ്റൊരു ഇനത്തിൽ ഓരോ സാധ്യം പിടിച്ചുണ്ടെന്ന് നിൽക്കുമല്ലോ ഞാൻ പറയുന്ന ചെറുക്കാല ആ കിസ്മ രണ്ടു തരത്തിലുണ്ട് അക്ബറും ഉണ്ട് അക്ബറാണ് ആഹിബ്ലാജി കബിയൊക്കെ അസബർ അക്കീൽ അറല്ലത് വന്നത് മുപ്പറ ഇസ്ലാമായപ്പോ ആരാധിക്കണം അമ്മ ചാണ്ടി മുടിച്ചാണല്ലോ ഇപ്പൊ എന്താന്ന് പറഞ്ഞത് അത് അക്ബറും അസഹറും ഉണ്ട് ഇവിടെ കബി എഴുൻ എന്ന് പറഞ്ഞ അന്തോശ്വരി കി മാ എന്ന് പറഞ്ഞത് ആന്മാടെ അസഹർ ഒന്ന് സാധിക്കാകും അക്ബറും لا ، وما ، ما ليس لك به المنأم من, من الفاظ العموم هذا عام من الفاظي قطعه ، ما نور جان ، يهدو إلغائي يجو عنده ، شركناك مرابطة ، أصغرابطة وشرك الله صغار ، شرك الله صغار لا ينجو من نفر غاربين غارب للا شفروا لا إلا نفر ، الفاظ العموم نريبا أكبر أصغر القردون ും ചെറുക്കുള്ള സുഗന്ധത്തോട്ട് രക്ഷപ്പെട്ട ആളുണ്ടാവില്ല കമിലായ ഒരു സേഹിനോടൊപ്പം കൂടിയിട്ട് അതിൽ നിന്ന് ആ മുഴുവനും രക്ഷപ്പെട്ട ആളല്ലാതെ അത് രക്ഷപ്പെട്ടത് കുറവാണ് കുഹാനുള്ളതിനും ബഹറും വിശാലമായ ബഹറാം ും ഇല്ലു അഹിൻ ഓരോ ആളുകളും കോഴിയെടുക്കുകയാണ് അല്ല കഴിഞ്ഞിന്റെ എതിർ നഗരസഭ പറഞ്ഞിരുന്നു ചെറിയ രണ്ട് കൈ ഉണ്ട് മാന്നുള്ളത് ആമിനിയും അക്ബറിനെ യെസിനുൾപ്പെടുത്തും അപ്പോൾ ചെറുക്കും അസഹർണ് തൊട്ടും ഒഴിഞ്ഞു മാറണ്ട എന്ന് ശാഠ്യം പിടിക്കുകയാണെങ്കിൽ പോണ്ടെന്ന് പറയുമ്പോൾ രാജ്യമെന്തായി ചേർന്ന കാണാൻ പോണ്ടെന്ന് പറഞ്ഞാൽ ശീലിക്കേണ്ടതില്ല അപ്പത് സർബീത്തിന്റെ ജീവ് ഇപ്പം പക്ഷാ പോരാ ില്ല കുട്ടിന്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ട് ചില കാര്യങ്ങൾ കുട്ടികളുടെ ഈ ആശയങ്ങളോ ചില വിഭവങ്ങളായ പ്രയോഗം കൊണ്ട് കുറ്റാചാരുടെ പ്രത്യേക സിമ്പിൾ ലക്ഷണങ്ങളും നമ്മളങ്ങനെ അറിഞ്ഞു അറിയാതെ പാതിപ്പണത് എക്സൈസീസ് പറഞ്ഞില്ലേ മിന്നു കൂടലി ആരോന്നിരിക്കാനൊന്നും ഊർന്നോളുന്നുണ്ടല്ലോ ഇപ്പൊ മറ്റൊന്നു അത് തീർക്കുമ്പോൾ എടുത്തപ്പെട്ട കുറെ വന്നായിട്ടുണ്ട് സ്വഹബത്തിന് വേണ്ടി അബമയെന്നോട് മൊഹാലഭത്താക്കാം എന്നിപ്പോ പറഞ്ഞു പറഞ്ഞത് അതിനോട് മുനാസിബാരി പാട്ടുണ്ട് والذي اودن عن الظالم ثم وخاطروا بالمخاطر فيها باطلوا كفروا كون ابا و امما ولا يثغي جنا ذيكولا الا من قضى نهاني اني برودكن سلا على قلبك سلا قالوا بيودكنند انا ايه بغيره الا اديكنا بيودكولا വലിയ ഒതുൽ എനിക്ക് ചില ഒരു ചെവി ഉണ്ട് എങ്ങനത്തെ ചെവി സുമ്മൻ കേൾക്കാത്ത ചെവി ആഴത്തൊട്ട് അനിൽ ഉദ്ദാൽ വിമർശകന്മാരെ പറഞ്ഞു ചെലുല്ലോ ആ റുദ്ദിന തൊട്ട് എന്റെ ചവിട് പക്ഷേ ആകുന്ന ചെല ചെവിനെനിക്കുള്ളത് ഹവാത്തി എന്റെ മനസ്സോടെ ഞാൻ അപകടത്തിൽ ചാദിക്കുകയാണ് ഈ നിങ്ങളെ ആരംഭത്തിന് വേണ്ടിയിട്ട് വാത്തറുക്കൊപ്പിവാക്കും നിങ്ങൾ ഇലക്ക് വേണി ഞാൻ ചാടാൻ തയ്യാറാം വെളിച്ചെറിയാൻ അവനെയും ഉമ്മിനെയും വലിച്ചെറിയാൻ തയ്യാറാണെന്നാണ് അത് ഏറ്റവും പറഞ്ഞല്ലോ അവനെയും ഉമ്മിനെയും വെളിച്ചെടുക്കണം നിങ്ങൾ ആവാൻ തെരഞ്ഞെടുക്കും നമ്മളെ ചേക്കന്മാരിൽ നിന്നും മറ്റുള്ളവർക്ക് കേട്ടിട്ടുണ്ട് എന്ന ശാപം കാൽ ഫാസി നമ്മുടെ ചേക്കന്മാരുടെ ചൈതായ ഇമാ യൂസഫ് ഉൽ ഫാസി റബിയല്ലാറിന്റെ മതിരത്തിൽ ഒരു യുവാവ് വരാറുണ്ടായിരുന്നു വക്കാനാബോ എന്നോ അനന്താനിക്ക ആ ചെറുപ്പക്കാരന്റെ ബാപ്പ അത് നിരോധിക്കും അവിടെ പോകാൻ പാടില്ലെന്ന് പറയും അവനുമല്ലാതെ മതിരി ശി ശേഷി എന്നാൽ കിടക്കിടക്ക ശേഷിന്റെ മധുരത്തിലേക്ക് വരും യപ്പോലും എന്നിട്ടോ ഈ ഇയാൾ വന്നിട്ട് പറയും എന്റെ മോൻ ഇനി കുട്ടിയേക്കണം കേട്ടോ അതിനോട് കിട്ടാൻ പാടില്ല പറയും ഇപ്പൊ നീ എന്റെ മോൻ പറഞ്ഞേക്കണം ഷേഖറിയുള്ള ഷാഫിനോട് നീ ഉപ്പാടെ എല്ലാ കാലത്തിനും മൈപ്പുരനെ ഷേഖിന്റെ പോണ്ടെന്ന് പറഞ്ഞ ഇപ്പ ഉണ്ടോ ഇല്ലാത്തിൽ ഷേഖിന്റെ വന്നു വഴി ബാക്കിയും മൈപ്പുത്തോളി അപ്പൊ ഹലോ മജീസിന നമ്മുടെ മജീലി വന്നിന് തൊട്ടു പറഞ്ഞ ഉപ്പം സ്വീകരിക്കണ്ട അപ്പൊ അപ്പൊക്കാന്ന തമസ്തൊക്കെ അപ്പൊ നേരത്തെ അവസാനം പറഞ്ഞിട്ട് ആ ഹസാദിയെന്ന് പറഞ്ഞ കൗല്യം പിടിച്ച ആളെ ശേഷം അറുപറായി തസോഫിൻ ഇൽമ് ഫറന്നും അപ്പൊ ഫർദായന പഠിക്കാൻ വേണ്ടിട്ട് ഉപ്പിക്കാണെങ്കിൽ സ്വീകരിക്കണ്ടെന്നല്ലേ പറഞ്ഞത് ആ вели وقال <سؤال> السلمي <سؤال> سلمي رضي الله عنه ورنين데 니 담반 ചോദിക്കണ്ട ബോയ ലഹഖാ മാру അഹഖന്ന മദാബിലാക്കും മാർ കുട്ടുകടത്തിയാലാക്കും എലി ബിതിയ പറയും യലം അന്ന ഉഖൂഖൽ വാലിദൈനി മദാബിലാതൻ മാഗോറുള്ള ആ കുട്ടുകടവാടലി ലയഖു ബിമുജർറദി മുഖാലഫതി മുറുമുഖാലഫതി എന്ന വേറെ സംഭവിക്കില്ല എന്തുകൊണ്ടെന്നറിയോ ഫൈനൽ വാലിദേഹി മൂന്ന് തലക്കാരുടെ വാലിദേ മനസ്സ് വളരെ വിശാലമായവരും വലിയ ബുദ്ധിമാന്മാർ സമ്പൂർണമായ വിവേക ബുദ്ധിയുള്ള മാതാപിതാക്കന്മാരുണ്ടാവും ലാ യസ്ബി ഷൈദ് ഒന്നുകൊണ്ട് ഓർക്ക് ദേഷ്യം കാണൂല അപ്പൊ അവർക്ക് ദേഷ്യം പിടിക്കുന്നില്ല ദേഷ്യം പിടിക്കുന്നില്ല അവർക്ക് ദശം പിടിക്കുന്നില്ല എന്നുണ്ട് എല്ലാം ചെയ്യാതെ വിചാരിച്ചുകൊണ്ടോ അടക്കം കണ്ടിട്ട് എല്ലാം ചെയ്യാൻ ഓരോ സമ്പളാന്ന് വിചാരിച്ചുകൊണ്ടാണ് അതിന് സൂക്ഷിക്കാനുണ്ടെന്ന് പറയും അത് പറയും ഒരു കൂട്ടറിന്റെ യക്കുവിനോട് നൈഫരി ആളരെ നൈഫാണ് നയിക്കൈ ചതിരി ചതുണെ എന്റെ ചെറിയ നയത്തിനും ഒരു ദശം പിടിക്കും അതുകൊണ്ട് അതിനെല്ലാം വിളിച്ച് ഒക്കെ വെറുതെ വേണ്ടായില്ലേ ഒന്നും മണൊന്നുമില്ല വിശം അക്കല്ല് ചെയ്യുകൊണ്ട് വിശ്വം പിടിക്കും ചിലപ്പോ ഒന്നുമില്ലാണെന്ന് വിഷം പിടിക്കും അപ്പൊ ആ ദേശത്തെ അതെല്ലാം കഴിഞ്ഞാൽ എന്താ പിന്നെ ഒന്നും ചെയ്യാൻ അതുകൊണ്ട് അതിനെല്ലാം ബിരിയാണിക്കാനും പറ്റൂല എന്തായില്ലേ കിസ്മ എപ്പോഴാണ് മറ്റേ ഹാരി എന്നിന്റെ ഒരു മദ്യനിരക്കുണ്ടാവും വീട്ടിലുണ്ടാവും മറ്റേ ബുദ്ധി പൂർത്തിയായിട്ടില്ല വന്ന പോയത്തക്കാറും അല്ല ചില കാര്യം ധരിച്ചു ചില കാര്യത്തിൽ അങ്ങനെയുണ്ടാവുക അമ്മൽ കിസ്മൽ അമ്മലും അന്നാമത്തെ കിസ്മ ഒന്നിനോ പറല എന്നാൽ ഈ പ്രക്തി ചിലപ്പോൾ ലോകമോക്ക് വന്നിട്ടുണ്ടാകണം വലവെല്ലം ഞെറവട്ട് കാണുമല്ലോ ശ്രദ്ധിക്കാനുണ്ട് റിയാതെ ഒക്കെ വന്നിട്ടുണ്ടാവാ ദേഷ്യവും കണ്ടിട്ട് തീരുമാനിക്കാനും കഴിയൂല ഓർന്നും അറിയൂ പ്രതികരിക്കൂല അവാ ബുദ്ധിമാന്മാരായപ്പോൾ മതിയ പണിയാണ് നമ്മൾ ക്രിസ്മസ് ആന് തൊട്ട് അടുത്ത ദേഷ്യം കുടിക്കുന്ന ആടെ എല്ലാവരും കാരണവും പാട്ടാത്തല്ലേ ചൊക്കത്തിൽ ആയക്കോലും ആക്കല്ലാ അവൻ രണ്ടാള് ദേഷ്യം കുടിച്ചാലും ചിലപ്പോണ്ടാവൂല ആ കായും ചെയ്യൂല സ്വഭാവുന്നേ ഇവരുള്ളൂ വൻ മറിഞ്ഞോ ഫീ ലാലിക്കൊട്ടാക റൊക്കോക്കുണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട അടുത്തേക്കാണെങ്കിൽ റോകോഫി അരി അക്കിന് പൂർണ്ണമായി അടയിലേക്ക് ചേർത്തി നോക്കണം നന്ന കുറഞ്ഞാടെ നോക്കാൻ പാടില്ല നന്നതികളിലേക്ക് നോക്കാൻ പാടില്ല അപ്പൊ ഈ സമ്പൂർണമായ അക്കലാലും ആർക്കത് മോശമായി ഇനി രക്ഷം പിടിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ തീരുമാനിക്കണ്ട അതിനായിട്ട് യശദൂന ഭീതാദിക്ക അവർ അത് സാക്ഷ്യം വഹിക്കുന്നു അത് ഇപ്പൊടുമ്പോണു കുത്തുകടയിൽ പോയി എന്നാൽ ഉറപ്പൊക്കെ നോക്കാം അപ്പൊ അയപ്പോലൂടെ എന്നെ ഉറപ്പാക്കോൻ ആ തിമ്മരിച്ചു സ്വഭാവം ഒന്നും അത് അളവുമില്ല അവന്റെ ആദ്യം റവമാവുന്നോ ഇല്ല നോക്കണ്ട ഇല്ല ഒന്നാമത്തെ തീരപ്രദാവൂല അപ്പൊ എത്ര തിരക്കൂക്ക് കൊണ്ടാലും ജീജില്ല ഒന്നാമത്തെ ലൊക്കെ ഇഷ്ടം വരുന്നുണ്ടാവും രണ്ടും നോക്കണ്ട മധ്യ നിരക്കുള്ളത് അതായത് ഫൈനലാക്കിയത് അത് ഓർക്ക് ദേഷ്യം ഒക്കോക്കാന്ന് വെച്ചോളാം ബണ്ണാത്തീന് പിടിക്കൂല ബഡ്ഡീന് പിടിക്കൂ വേണ്ട നീന് ഇരിക്കൂ സമയത്ത് ആ മസലയാണെങ്കിലും വളരെ സഹിയാണ് ഇതെവിടെയുണ്ട് നക്കലൂ ബാഗ് സുഭായി ക്ഷമയിലുണ്ടല്ല അതിന്റെ നക്കൽ ചെയ്ത അതിന് ചില മഹാന്മാർ നക്കൽ ചെയ്തിട്ടുണ്ട് അതായത് മുമ്പ് കേട്ടാതെ ചിലത് പറഞ്ഞു പാർട്ടി കളാവന്മാർ കേട്ടതാണ് ധർമ്മസഭലുണ്ടെന്നാൽ പാർട്ടി പാകുന്ന അതിന്റെ പേരില്ലേ മ്മളം ചോദിക്കണമെന്നല്ലേ അപ്പുറം പാട്ടിൽ പറഞ്ഞത് അതെന്തിനാ അത് നല്ലതാണ് പഹുബാൻ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ യാത്ര വേറെ വിചാരിച്ചാൽ നമുക്കൊരു സഹായിത്തീരുമല്ലോ ഏഹ് നീ പോകുമ്പം എന്നോട് പറഞ്ഞിട്ട് നമുക്ക് വരുന്നല്ലോ എന്നും പറയാലോ എന്നെ പറയുന്നു ലാൽ ലവ് എന്തോ കിഴിമൃതി മാൂ ഇവന്റെ സമ്മളം ചോദിക്കുന്നതാണ് ഇവനോടൊപ്പം എന്താകും ഒരു യാത്രക്ക് വേണ്ടി ചെയ്യും സാഹചര്യം കിട്ടുമല്ലോ അവർ അളക്കി പറഞ്ഞു എനി രണ്ടാം കൊട്ടവരിൽ എന്താ പറഞ്ഞത് വലം ഞക്കും പുത്തൂഹിന് വണ്ടിയല്ലാന്നല്ലേ അത് പറയാ അവിടെ യാത്ര പോയി കഴിഞ്ഞാൽ ഹടികൾ കിട്ടും ചില ചതക്കങ്ങൾ കിട്ടും അവിടെ ഇങ്ങനെ കൂടി പിറങ്ങിയാലിരുന്നുണ്ട് തക്കത്തക്കു പറഞ്ഞിട്ടുണ്ട് അന്ന സഫലും റഹ്മാൻ റഹ്മാന്റെ വേണ്ടി മാത്രമാകും എന്നും ഇഷ്ടിയതിന് വേണ്ടിയാണ് എല്ലാ ഇന്നരിയാളക്ക് വേണ്ടി ചളും പോലെ അപ്പൊ അതിന്നും പറ്റില്ലല്ല എന്തെങ്കിലും കിട്ടലേ അതുകൊണ്ട് ആ കറന്ന് وَمَا كَانَ تَفَرُّهُ لِلدُّنْيَا وَلَوْنُ الدُّنْيَا <سؤال> بِتِنْيَاوُلاَ نَوَرُ فَيْنَا لَكَمِيلُ <سؤال> الْهِِمَّتِ الدُّنْيَتِيَ أَرَغْتَ عَجِلَ جِنَّدَ رَبِّهِ وَلَا أَرَى وَقُلْنَا مَا كَانَ تَفَرُّهُ لِلدُّنْيَا وَكُنْتَ تَفَرُّ الدُّنْيَا كَوْنِيَ بَيَأَ أَنَا تِيمَتُهُ إِنَّ اللَّهَ عِنْدَ اللَّهِ سِيتٌ لَا وَمَنْ كَانَتْ هِمَّتُهُ مَا جَهَدَ مَطَنَهُ ഒരു തന്റെ ഹിമത്താണ് അവന്റെ വാക്കിലുള്ളിൽ കിടക്കുന്ന എന്താണോ അതാണ് തന്റെ ഹിമ്മത്തെങ്കിൽ കാലത്തെ ഭീമത്തോ മായ് രണ്ടോട്ടം പറഞ്ഞിട്ടുണ്ട് അതിന്റെ പോട്ടുകൾ ആയിരിക്കും അതിന്റെ ഭീമത്തിന്റെ മൂല്യം ആ വധുലു സുമൻകാലത്ത് ഹാരിഹി ഹിമ്മോ വൈത്തി ഒരുത്ത ഹിമ്മത്ത് ഇപ്രകാരമായി പോയി നിങ്ങൾ കിട്ടണം എന്ന് വെച്ചിട്ടാ പോകുന്നു വേറെ വൈദ്യില്ല അതാണ് ഒരു ഹിമത്തെങ്കിൽ അവൻ അവനെ പുരക്കലിരിക്കലാണ് അഫതലുലഹു അവൻ എത്തും അഫുദലു നീ പോണ നല്ല കൈവണ്ടു ഇനി ഇനി പോട്ടെ ഈ തഹലസത്തിൻ നീയത്ത് നീയത്ത് നല്ല അഹ്ലാസ് ഉള്ളതാണ് ആ കൃത്തലിനെ പോലെ മനസ്സിന് ഒതു ചിന്തില്ല സുമ്മാർ പുത്തുഹൻ അങ്ങനെ പോകുന്ന ബ്ലോക്കിലെന്തോന്ന് കൃഷി പോയി ണം മാ ശേഷോ അങ്ങനെ മൈക്കൂടാ മൈക്കൂസഹായ മൻസ്തായ ഒന്നില്ലോ അപ്പൊ ആ മങ്ങ ഇല്ലാത്ത മസ്ർമാർക്കും അതോട്ടാണ് എന്ത് കളിയുന്ന് ഞമ്മൻ പ്രതീക്ഷിച്ചാലും ലാട്ടിപ്പോയി ില്ലേ ആ മുഹമ്മദ് മന്ദോറി ഒരു വലിയ പേര് കേട്ടത് പോലീസ് ആക്കാൻ പോണ് നാട് മൂന്ന് മണി ആൾക്കും വലിയ പേര് നോട്ടീസ് വന്നു ഇങ്ങനത്തെ ആണെങ്കിൽ കാണാൻ നോക്കില്ല എന്നാ പറ അയാൾക്ക് പേരെടുക്കുണ്ടോ എന്ന് വസ്തുക്ക അയാള് ചായപ്പട്ടിയാണ് വരണല്ലായപ്പെട്ടിക്ക് മുട്ടുണ്ടാവല്ല ഉള്ള് പൊള്ളിയാണ്ടോ വരണി നോക്കിയാൽ വശമില്ലല്ല അപ്പൊ എത്ര കണ്ട് കേറിയും കേറി പോലീസ് കയറുന്നുണ്ട് അത്രത്തോളം ഉള്ളുപൊള്ളിയിരിക്കുന്നത് കാണാൻ പോകുന്നു മക്കളാലി വല്ല സഹായ് കൊണ്ട് കൊണ്ട് കൊടുക്കൽ കൊണ്ട് പ്രസിദ്ധനായും അത് ദുഞ്ഞ വേണ്ടിയുള്ള ആ മോശമായ തപ്പറിയിൽപ്പെട്ടത് തന്നെയാണിത് ഇന്നാ കാണാൻ പോയിക്കളിയാ റമസല്ലേ ഇന്നേ ഒന്നുമില്ല ആ പിസം കാട്ടിയ സലാം പറഞ്ഞു പോയക്കാന്നാണ് സലാം പറണ്ടാവില്ല തമായി കാരണം ആ പോക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു തെമയിനെത്തോ തൊഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ വേറെ പക്കീൻ എന്താ ചെല പറയാൻ പോകട്ടെ ആ തെമായി എത്ര മോശമാക്കിയോ സാധനം وراء وراء من جدت متماذا ظهره يدي عليه تكرم الله <سؤال> وكرمه ربي الله <سؤال> بقرين كده فمدت لنا جننها مرتدي يكسون بالمصدي بالليل وكث في الراجي كده فاقامهم حسن ربي الله و ان دي ورا لهم كده وديت طلعوا لل ل رت يود كانوا حتى وقف على حتى المصدي كده كنوت ം വാദി മൂപ്പ കണ്ടപ്പോൾ നല്ല ഒരു ലക്ഷണവും നല്ല ഒരു ഈ വിലായ അച്ഛൻ ബസ്സില്ലു അങ്ങനെ അച്ഛൻ ബസ്സിനോട് ചോദിച്ചു ഇന്നീ സഹായിരിക്കും ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു ഫൈൻ അജപ്പത്തിന് ഈ തറുത്തുക ചോദ്യത്തിന് മറുപടി പറയുമെങ്കിൽ ഇവിടെ പള്ളി നിൽക്കാൻ നിങ്ങൾ വിടാം ഫൈലം തുരുമിരി മറുപടി തന്നിട്ടില്ല എങ്ങനെ കണ്ടുക നിങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ സൂഹത്തുക്കളത്ത് പോയിട്ടില്ലേ ആ എല്ലാരും അണീപ്പിച്ചു അപ്പൊ അസനിയും ഞങ്ങളെ കണ്ടപ്പോ നല്ലൊരു സന്തോഷീം കണ്ടപ്പോ ചോദിച്ചോ ചോദ്യം മറുപടി പറഞ്ഞാൽ നിങ്ങളോട് ഇഷ്ട അച്ഛൻ ഭക്ഷനിന്ന് ചോദിച്ചോലു അപ്പൊ മുമ്പറോട് ചോദിച്ചത് മാ ഫസാദുദ്ദീൻ ദീനന്റെ ഫസാദ് ഫസാദാക്കുന്ന സംഗതി അപ്പൊ മൂപ്പർ പറഞ്ഞ അവരോട് അത്തമറു എന്തെങ്കിലും കിട്ടാൻ പൊരിക്കലും അമ്മ പൂരി ആടപ്പാ ഇത് വിട്ടു ഇടപ്പ ഇന്ന് വിട്ടു ഇന്നോക്കിന്നത് കിട്ടണം ഇന്നത് കിട്ടണം പൂരി ഒക്കല്ലേ ആ അതോട് കിട്ടുന്ന നീനന്റെ തലാഹ എന്താണെന്ന് ചോദിച്ചപ്പോ കാലാൽ പറവു സൂക്ഷ്മതയാണെന്നും പറഞ്ഞു പക്ഷെ വറാകുമസ്വാസം പറയാന്നേ ആഹു അപ്പോൾ പറഞ്ഞു ഇജഡീസ് ആ നീങ്ങോ അപ്പം ഇതിലു കേട്ടക്കല്ലും അല്ലല്ല നിങ്ങളെ പോലത്തെ ആളുകളാണ് ജനങ്ങളിൽ സംസാരിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു അതടുത്തു ഇതിലേക്കാണ് ഭക്ഷണം കൊടുത്ത് അപ്പോൾ ബെയ്ത്തിൽ ഉണ്ടാക്കിയത് സുരമിന്റെ ഗീതാമോക്കിതാണല്ലോ ഈ ഭാഗത്താണ് സുരമി പറഞ്ഞത് അതിനങ്ങൾ തന്നെ വൈത്താക്കിയൊണ്ടത് ഉണ്ടാത്ത യാത്ര മക്കൾ കിബിറുകാട്ടത് ദിയ വണ്ടി നാടിന് വെറുതെ തിങ്ങാവിലെ തേടാൻ വേണ്ടി യാത്ര ഇതിന് മുന്നിൽ അല്ലെ തണിഹബാനോട് പിൻപറ്റിക്കൊണ്ട് യാത്ര ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് വൈസാക്കി താൻ പറഞ്ഞു മുനീതന്മാർക്ക് ഏറ്റവും നവറുണ്ടാക്കുന്ന ഒരു വസ്തുവുമില്ല പിന്നെ ഒപ്പിച്ചുള്ള സഫറിനേക്കാൾ وما فضا بهم ما فضا منهم من, من, من المريدين الا بالافوار المطالا مريدો মারিപ്പെട്ട പലരും ফসাদা আইട്ടുണ്ട് আ ফসাদা আরকে ফসাদা আইندوണ്ടা ইল্লা বিল আফवारी বিল মপালা মপালারന്നിೊಂಡে প্রত্যেক রথিমপക്കാদা കണ്ടല്ല ইন্নু ন মুকিনനേর നടക്കുന്ന बिरवाडीണ്ടല്ല আ মপালারന്നിೊಂಡে সফর உண்டா ফসাদা আরকে ফসাদা আইട്ടുണ്ട് നിങ്ങൾ ആകാൻ പാടില്ല അവരവര നാടിൽ നിന്ന് പുറപ്പെട്ടു ഭത്തറിന് വേണ്ടിട്ട് ഇയാ ഇന്ന് വേണ്ടിയിട്ട് പുറപ്പെട്ടവരെ കൂട്ടത്തിൽ പോലെ ആകാൻ പാടില്ല എന്നറിയുമ്പോ വിരോധിക്കപ്പെട്ടതില് ലക്ഷ്യങ്ങൾ അവ മുമ്പിലുണ്ടോ ഒന്നും ബത്തർ ഇയാ ഇതുപോലെ ആകാൻ പാടില്ലെന്നാണ് ഈ ഭാവിപ്പെടുന്ന പല ലക്ഷ്യങ്ങളും വരാൻ പാടില്ലെന്നുവരും ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് ഉമ്മത്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറേ പണക്കാർ ഹജ്ജിന് പോകും ഹത്തി ഉല്ലാസയാത്രക്ക് വേണ്ടി ഊട്ടിയിലേക്കും മറ്റേക്ക് പോകുമ്പോൾ പോലെ ഒന്ന് അടലം പോയിട്ട് ഒന്ന് വാഹത്തേക്ക് വറ്റുന്ന പട്ടിക വരുമ്പോലെ കേക്കാം അതുപോലെ അതിന് അഗനിയാക്കാൻ അല്ലാത്ത ഒരുതരം അവസത്തുവാറുണ്ടല്ലോ മദ്യേക്കാൾ അവ കച്ചവടത്തിന്റെ പോക്ക് അവിടെ പോലെ ബിസിനസ് ചെയ്തിട്ട് വരാം ഇരുന്ന് പോകുമ്പോ കുടങ്ങളെ കൂട്ടാം എന്നിട്ട് വെച്ച ആഭരണം മാന്യം എല്ലാം വാങ്ങിയിട്ട് മരുന്ന് കൊണ്ടാ മതിയെന്ന് എന്നാൽ ഇതെല്ലാം ആഭരണ കൊണ്ടറിഞ്ഞാലേ കുറിച്ചൊക്കെ ചെയ്യൂല കയ്യിൽ ധരിച്ച ആഭരണം കൂട്ടി കുടിച്ചില്ലല്ലോ ആ കുടങ്ങളെ ന്മാർ ഹജ് പോകും ഇന് വേണ്ടിമാരാണ് പോകുന്നില്ല എന്ന സ്ഥലത്ത് ആയിരിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കൂടുന്നതാണ് അങ്ങനെ പോകുന്നത് മക്കാൻ ആയുഹാസിൻ്റെ എംബിരി മുസാഫിരി മുസാഫിൻ ആണ് മൂന്ന് കാര്യം ഒന്ന് തറക്കു തതിബീരിന്ന് പറഞ്ഞ ഭക്ഷണം യാത്രക്കു കൊണ്ടന്ന് അതിനെ തതിബീരൊഴിവാക്കാൻ ഇന്നലെ പോലെ ഇന്നത് കിട്ടണം ഇന്നത് കിട്ടണം എന്നുള്ള തതിബളൊന്നും വേണ്ടി കൾഫിപ്പോക്ക് ഇങ്ങനെയാണോ ഗൾഫിപ്പോക്ക് അല്ല നാല്പത് ദിവസം കിട്ടില്ല അതിന് ശരി തന്നെ എന്തല്ല ഇപ്പൊ വന്നത് ഒന്ന് ചറുക്കോ തദി അതുപോലെ തക്കതീയുള്ള തരീക്കിനെ തക്കനീറാക്കരുത് പിന്നെ മലയാളമോ അന്നമോ ആക്കുന്ന അള്ളാഹു താലിയാണെന്റെ കാവൽക്കാരൻ എന്ന് മനസ്സിൽ ഉറപ്പിക്കരുത് ഒന്ന് കാര്യം തരീക്കുന്ന തക്കനീറും ഉണ്ടേ തറുക്കും നമ്മൾ എത്തിക്കണ്ടത് ജാതു എന്ന് പറഞ്ഞാൽ യാത്ര ഇല്ല അത് തക്കതിൽ എത്തിപ്പാന്ന് തറക്കൂന്റെ വേണോ തതിബീരൻ്റെ വേണോ തദീത്താക്ക തീരീനായിരിക്കും തറുക്കൂന്റെ വെള്ളം എത്തിപ്പാക്കുക തക്കതി ഊന്നാളത് അപ്പൊ അനിവാര്യമായ അറിയിച്ചാ എടുക്കിയത് എന്ത് വരും തരീക്കിന്റെ തക്കതി ഒഴിവാക്കലേ തീരുമാനിക്കല് എങ്ങോട്ടാ പോകണ്ട മറക്കാൻ തീരുമാനിക്കണ്ടേ അപ്പൊ തറുക്കൂവിന്റെ കൂടെ ലത്തി കാവൽക്കാരൻ വത്തി എല്ല വോട്ടുണ്ടാ പോലൊന്നും കൈഫലുണ്ടാവില്ലല്ലാവൽക്കാരൻ അല്ലല്ലോ ആ ശരിയായ വ്യക്തി തുമ്മലത്തറാതാപലോഹൻ സമയത്തിലായി നിന്ന് കൂടിക്കൊണ്ടാണ് هذا النعاد ابي شيخ ابو يمان انمما منهار اي شيطه عن يقصد اي يقصد شيء قاض بعض الفقراء ف حيث ما حلوا بلدان ابي شيخ ابو يمان انمما منهار اي يقصد شيء قاض بعض الفقراء ഏറ്റവും അപകാശപ്പെട്ട കാര്യമാണ് അയ്യത്തെ ആ നാട്ടുകാരും ആ ഷെയോ ഒരൊക്കെ സ്വാധീനങ്ങളാണെങ്കിലുണ്ടോ അതിനുശേഷം മുഖമായി അപ്പവർ പറയുക തർജീബ് ഉച്ചവന്നല്ല നമ്മൾ കാലക്രമത്തിൽ തർജീബാക്കിയുള്ള فشيخ مغاطران دعوه فشيخ مغاطران دعوه إلا نقول المغرض ان يجيقنهم من هذا الفقر إذا أعلوا بالضمن البلدان سماه كانت التي فيها شيخهم أولى وعارة فنبل شيخ الله معنا يابر الشريع اللازين الشريع أنا فرمر إن يقفدوا أولى نجاله وعارة شيخ الله تبعارة شيخ الله ആ യക്സിനു ഷുരൂഹ ദേഹന്മാരെ തെരഞ്ഞുപോക്കി ആഹാ അതിലുള്ള നേതാക്കന്മാരെയും അബ്ബരൻ ആദ്യമായിട്ട് ചുമ യക്സിനോ ഫൊക്കറവ ബഹൂദ്ല്ലേ വരുന്നു പിന്നെ ഫൊക്കറാക്കട അതിനാല് തീമ താലീമൻ ഈ മുന്തിക്കൽ നിന്നത് ഒരു തറീമിൽ പെട്ടായിരുന്നു കൊത്ത അതീന്മാരാ കടയിൽപ്പെട്ട താലീമാണെങ്കിൽ അവരുടെ പദവിക്ക് അനുസരിച്ചായിരിക്കും വേണോ അപ്പൊ ശേഷി പറഞ്ഞുകൊടുത്തു വൈദ കസതുഹ അങ്ങനെ ശേഷംമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേണം പല ഇതു അവരിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല ഇല്ല കമാല വിലയും അവർക്ക് വിലയായത്തിന്റെ കമാലുണ്ട് എന്ന് ദേശീ കാർഡ് ചെയ്തിട്ടില്ലാണ്ട് അവിടെ പോയിട്ട് മാറ്റെടുക്കാനോ ഒന്ന് പരിശോധിച്ചിട്ട് വരാ എന്നുള്ള നിയത്തോട് കൂടി ഇന്നും പോകാൻ പാടില്ല അല്ല കലക്കട വലായു പരിശോധിക്കാൻ പോയിണ്ടല്ലോ അല്ല വലായുന മുഹ്തബിരി അവരെ പരീക്ഷ നടത്താൻ വേണ്ടി കേറാൻ പാടില്ല ഈ രണ്ട് ലക്ഷ്യം വെച്ചാലും ഫലഹത മോനെ വറക്കത്തും അവരെ കിട്ടുന്ന കിട്ടുന്ന വറക്കത്തെ നഷ്ടപ്പെടും ഏഹ് ആദ്യമായിട്ട് ഉറപ്പറ്റോ അറിഞ്ഞും ബോധ്യപ്പെട്ടിട്ട് പോയിക്കോ അപ്പം ബോധ്യപ്പെട്ട ആളെ പറ്റിയത് ഈ പറയുന്നത് കൊണ്ടാ പോയേ കൊണ്ടാ പോകാനാ പറഞ്ഞാൽ പാട്ടിണ്ട പോകുന്ന ആളാരുന്നു ഇവിടെ അലമ്പുറ്റി തിരിഞ്ഞാളല്ല പോലും നമുക്ക് ആള് പൊട്ടിപ്പോയി ബിൽ മീസാനി ഇവന്റെ കയ്യിലോ തൂക്കാന തിരാത്ത് വഴിറ്റാ പോകുന്നു കൈമത്തിരാത്തി തിരാസ് വഴിറ്റ് പോയി ഓർന്നു തൂക്കം നോക്കാം എന്നാ പല ജനങ്ങളും അവർ വെക്കുന്നത് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ വറക്കത്ത് തടയപ്പെട്ടിട്ടല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അന്നാൽ അവർക്കെന്ന് മഹബത്തും നല്ല വിതാതും തരസ്ഥമാക്കാൻ കഴിയും അപ്പൊ ഇവം വലിയ മുരിയാറായിരിക്കാം എന്നാ ഇൽമിൽ നിന്നും അമിനിൽ നിന്നും ഹാൻഡല്ല ഇവർ വൈകി മാറി ഇവര് സാധുമായിട്ട് ഇന്നാമത് ഇവമ്പലിയാളായിട്ടാണെന്നും പോട്ടെ മാത്മകഴ്ച സ്വന്തം ശേഖനെ കാണാൻ പോയാൽ വേണം എന്നാ അതുപോലെ തന്നെ ആയിരിക്കുന്ന മറ്റുള്ള വിശൻമാർക്ക് അനുമാൽ പൊക്കറ ഇതുപോലെ പൊക്കറാനെ കാണാൻ പോയാൽ അങ്ങനത്തെ വേണം ഇവൻ കുറച്ചെന്തെങ്കിലും രൂപ പഠിച്ചിട്ടുണ്ടാവും മറ്റുള്ള പൊക്കറാ പഠിച്ചിട്ടുണ്ടാവൂല ഓറെ മാറ്റിവെക്കാനും ഓരോ മുമ്പിൽ ഇവരെ പങ്കു കാണിക്കാനും പോകാൻ ഇല്ല മണിക്കും കമാലഹം അവർ ഓരോരുത്തർക്കും കമാലുണ്ട് ഏറ്റില്ലാണ്ട് പോകണ്ടെന്ന് പറയാൻ നേരത്തെ സ്റ്റേഷനത്തേക്ക് പോകുമ്പോൾ ഇല്ല ഹാലിൽ നിന്നും മക്കാവിനല്ലോ പോയി അങ്ങനെ ആദ്യയാക്കാൻ ഒക്കെ അല്ലേ പോകണ്ടു അതേ മഴ പൊക്കളായ കാണാൻ പോകുമ്പോൾ ഒരിക്കലാന്നത്തെ വാദിഹി ഫൈ ഇവ മടങ്ങണം ഇല അമരിഹിം സി മിറോ ഇല അമരഹിം ഇന്നിൽ നല്ലോടി ആ ഫയർജി റീദാ ഇൽമിഹിം ഫീമാ യസ്നൂന ഇലൈഹി അവര് ഇവനെ കൊണ്ടിന്റെ ഗിഷർത്താ കണ്ട വിഷയത്തിൽ ഓർ ക Ilmu ആ ഇൽമിലേക്കാണ് പറഞ്ഞണ്ടത് ഇവనికి വാ ഇൽമുണ്ടെന്ന് പറഞ്ഞത് അതിന് ഇതിക്കൊറിയാൻ പറ്റില്ലാണ് വനായദ് ഇൽമ് വനായദ് ഇൽമൻ ഇവൻ ഇൽമുണ്ടെന്ന് വാദിക്കാൻ പാടില്ല വലാ യറാഹു ഫീ ഹള്റത്തിഹിം ആ ഇൽമിനോർ ഹള്റത്തിൽ കേ പ്രഗഡമാക്കിയീൻ വേണ്ട മാൽ യാറ ഇൽമും നക് മരമിൻ ഇൽമിഹി ഇവണ്ട ഫന്തം ഇൽമിനേ കാണ അവർക്കുള്ള ഇൽമാണ് അക്മരീൻ കണ്ടോട്ടേ വന്ന ഹു മുഫ്തഖുന റൈൻ അവരിലേക്ക് ഇന്നാവശ്യം ഉണ്ട് അതുപോലെ പറയാൻ ആയിക്കോട്ടേ ഞാൻ ഉത്തരം ചെയ്യാൻ ആയിട്ടാ വന്നത് വൈൻ കാന ആലാമിൻ നിഫില്ലാഹി റില്ലാഹി റൗറേ കാണ വലിയ മുലാഖായൻ ദിക്കരില്ല വയറ അമലുൻ ഔതാബിൽ മിനഗീരി ഇത് ഇപ്പോ പറഞ്ഞത് വയറ അമലുൻ ഔതാ അവരുടെ അമലാണ് സമ്പൂർണമാണെന്ന് കണ്ടത് മിൻ അമൽ ചെയ്തേക്കാൾ അമലിന്റെ വിജയത്തിൽ ഇവനേക്കാൾ ഇവനായാലും തിരി ഇതോടെ ജന്നകാലിക്കും അതാ വായിലും ജന്നകാലിക്കമ്പരം ഹൈക്ക് എല്ലാം ഹാസൈക്കത്തോടെ കാര്യം തീരുമാനിക്കാനാവും വായലെത്ര പേരെ ഇങ്ങനെ ഉണ്ടായിരിക്കും വേത്തരക്കെടുത്തൊക്കെ വന്നില്ലെങ്കിലും ഓണ മാഹിപ്പൊ കാര്യമായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ ബാത്തിന്റെ കാര്യമായിട്ടുണ്ടെങ്കിലോ അത് ഉണ്ടാകാല്ല അപ്പൊ ഹക്കായും ബാത്തീത്തുണ്ടാകും തീരുമാനിക്കും കൽബീയത്താണ് ഇത് ഹക്കായിക്കും അപ്പൊ ഹക്കൈബത്തോണ്ടാണ് കാര്യം തീരുമാനിക്കപ്പെടൽ അപ്പൊ എല്ലാം ബമ്പൂടെ നോക്കൂല അപ്പൊ അഹ്മീല ആരാ അക്കമിൽ അപ്പൊ അതിനെന്താക്കണം അക്കമിൽഹായിട്ട മൊത്തപ്പെടണം അതിനേക്കാൾ അവിടെയാണ് സംഭവം അതാണ് ഞങ്ങളുടെ വെച്ചുകൂടാ അല്ലാരോടെല്ലോ പാട്ട്റബം നിന്നും മല കതിന് ഏറ്റുക്കാതി അപ്പൊ ഇവന് എത്രത്തോളം ഏറ്റുക്കാത് വെച്ചാൽ അത്തര കണ്ടോ വെക്കുന്നു ഒരു കാര്യം പിടിക്കാൻ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈറബ് സിറബ് വയ മതതിന് ഹീ ഇവനെ ചെതുക്കത്രയും ലോ അത്ര കണ്ട മതത്തിൽ നിന്ന് പിടിക്കതി പറഞ്ഞ സേക്ക് പിന്നെ വഹാദ തർക്കീപുള്ളത് എക്കറിഞ്ഞാ നമ്മളിപ്പർത്തീപ് ആ അത് ഇഷ്ടമുള്ളപ്പാർ ഫൈൻഡിക്കാവൂസെ അവനൻ ആരെന്തെന്നെ മശാഹമാണ് കണ്ടുമുട്ടൂലെന്ന് വെക്കാ എന്നാ കിൾപ്പക്കൊറായ ജാതിക്കോട്ടെ ചേക്കരിപ്പൊന്നും കണ്ടുമുട്ടൂല മുൽപ്പൊക്കെ നാട്ടിലുണ്ട് ചേക്കാഴ്ച കഴിച്ചിട്ടേ വരൂ നല്ല ഒരാഴ്ച വരെ ആരെയും കണ്ടെന്ന അതൊരു ബുദ്ധിമുട്ടല്ലേ ഏറ്റവും ബന്ധപ്പെട്ടതാണ് നൽകിയ കാര്യമാണ് ബാഗു എന്ന് പറഞ്ഞാൽ ബാഗതാലിക്കാം മുതാഫുലിനെ പറഞ്ഞിട്ട് മാനണ്ടായും അമ്മ ഭാഗവും ഇനി നമുക്കാ അതെന്നെ തോതിൽ പുറമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നടന്നെങ്കിലും ഇനി शेष वाण कंटी वाला संसाद जवाब अभी